അള്ളാഹു അഭിമാനം അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ് എന്റെ കൂടെയുള്ള ആള് പറഞ്ഞു ഗജാരറങ്ങമെന്ന് പറഞ്ഞ മലയാണിത് സഹോദരങ്ങളെ മദീരത്തിന്റെ പ്രാന്തപ്രദേശത്ത് നിൽക്കുന്ന ജുഹുഫുമല ആ മലയുടെ മുകളിൽ കയറിയിട്ട് താരോട്ട് നോക്കിയ ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്നൊരു വെള്ളക്കൊട്ടാരം പോലെ അല്ലാണ്ട് റസൂലിന്റെ മസൂലിന് കാണാം അതൊരു വല്ലാത്ത കാഴ്ചയാണിത് ദീപാലങ്കാരങ്ങളിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ സ്വർണ്ണത്തിൽ വെട്ടിച്ചിളങ്ങുന്നത് പോലെ നാനൂറ്റി അമ്പത് പാനൂറ്റി അമ്പത് ഇലക്ട്രിക് കുപ്പകൾ കൊണ്ട് വെറുതെപ്പെട്ട ഒരു വെള്ളക്കൊട്ടാരം പോലെ ഇടയിലൂടെ തെങ്ങിനീങ്ങുന്ന ഒരു വെള്ളക്കൊട്ടാരം പോലെ ലോകത്തിന് രാജകുമാരന്റെ ഉറക്കറ കാണാം അല്ലാണ്ട് പറഞ്ഞു ചുഹുബു മലയുടെ മുകളിലേക്ക് കയറി നിന്നിട്ട് അല്ലാണ്ട് നോക്കിയിട്ട് അത്രേ ലിമൻഹാല് ഈ വെള്ളക്കൊട്ടാരമാരുടേതാണെന്ന് ചുഹു മലയുടെ മുകളിൽ കയറി നിന്ന് പതിനാല് ് ആദരവായ പ്രവാചകന്യതി മഹർന്നത് മുസ്തഫ സഹോദരങ്ങളെ അള്ളാന്തര സൂരി സംഭവം പറയുമ്പോ അല്ലാണ്ട് റസൂരി ഹരീഷ് പറയുമ്പോ അന്നത്തെ പ്രവാചകന്റെ മസ്ജുദിന്റെ പ്രവിയുടെ അവസ്ഥ എന്താ ഈത്തപ്പന മരത്തിന്റെ ഓലകളിൽ ചാരിവെച്ചന മരത്തിന്റെ തൂണുകൾ കൊണ്ടുണ്ടാക്കിയ താറമണല് മാത്രം വിരിച്ചിട്ട ഒരു കൊച്ചുപുര ആ പുരയാണ് മസ്ജുദിന്റെ ഈത്തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ടിയ മസ്ജുദിന്റെ പ്രവിയിൽ ഇരുന്നിട്ട് അള്ളാണ്ട് റസൂര് പറഞ്ഞു ലോകാവസാനം എടുക്കുമ്പോ തെറ്റാതി പുറപ്പെടും അവൻ മദീനത്ത് കിടക്കില്ല അവൻ എന്റെ ില് അവൻ ചോദിക്കുന്ന കൊട്ടാരം ആരുടേതാണ് ആരും എനിക്കറിയാം ഇത് മണിന്റെ കൊട്ടാരമാണ് അങ്ങേക്കായിരം ആയിരം െ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ചെന്ന് നോക്കുക യഥാർത്ഥത്തിൽ അവർ ലോകത്തിന്റെ രാജകുമാരന്റെ ഉറക്കറയാണ് സൗദി ഗവൺമെന്റിനെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേര് തെറ്റാരന്ന് നോക്കുമ്പോ ഒരു വെള്ളക്കൊട്ടാരം പോലെ പറന്ന് കിടക്കുന്ന മസ്ജുദിന്റെ പറഞ്ഞ ജജാലിന്റെ പാദം പതിക്കാത്ത ഒരേമേടാ അതന്റെ മദീനയാണ് മറ്റൊന്നന്റെ മക്കയാണങ്ങനത് മുഹമ്മദ് മുസ്തഫ ം കഴിഞ്ഞിട്ട് ഇമാലാത്തോട് പറയും ഈസാനിയെ പുറപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിക സമൂഹം ഭീതിയിലാണ് ഈ സി കയ്യിൽ കുന്തമെടുക്കും എന്നിട്ടൊരു വെളുത്ത കുതിരയുടെ മുകളിലോട്ട് പാഞ്ഞുകയറുമ്പോ തെറ്റാറിനെ കൊല്ലാൻ ഈസാനദി അതേ ഇസ്ലാത്തു വസലാം കുതിരപ്പുറത്ത് കുന്തവുമായി പായുന്നു തജാർ വിവരമറിയുന്നു യുടെ വെളുത്ത മിനാലത്തിൽ ഇറങ്ങിയെന്നറിയുമോ അതേവരെ അമാനുഷിക ശക്തികൾ കാണിച്ചു പിന്തിരിഞ്ഞോടാണ്ടുടങ്ങും ഈ സാനവി കുതിരപ്പുറത്ത് കുന്തവുമായി പോയും മുസ്ലിമേ കോരിത്തരിക്കതിരപ്പുരത്ത് കുന്തവുമായി പോയും ഈ സാനവി അതേ വരവ് കണ്ട് ഓടാൻ തുടങ്ങും പുറകെയുള്ള ജൂടന്മാർ ഓടാൻ തുടങ്ങും അവസാനം ിലെ എയർപോർട്ടിന്റെ മുമ്പിൽ വെച്ച് ഇസ്രേലിലെ ഇന്നത്തെ ലോക ദൂരായുധത്തിന്റെ തലസ്ഥാനത്തിന്റെ നടുവിലെ ആണോ ആരാണോ കൊന്ന തീരവാദം മുതക്കിയത് അവന്റെ നഞ്ചകത്ത് കയറി നിന്നിട്ട് ഈസാനവി അലി ഇസലാ റാം കുട്ടി മലർത്തവരി കുത്തി എന്റെ സഹോദരങ്ങളെ ആയിരം പെട്ടെന്ന് കൊണ്ടെന്ന് പറഞ്ഞ ദുരായുസത്തിന്റെ അവന്റെ മുമ്പിൽ ചെന്നിട്ട് പറയും എന്നെ നിങ്ങൾ കൊന്നിട്ടില്ലടാ നിങ്ങൾക്കെല്ലാ എന്ന് പറഞ്ഞ് മുറ്റത്ത് വെല്ലുവിളിക്കുന്ന വീരയോദ്ധാവിന്റെ ശൈലിയോട് ഈസാനബി ഇസ്രേലിന്റെ എയർപോർട്ടിന്റെ മുമ്പിൽ വെച്ച് മലത്ത് കളയുമെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭിത്തിനെ അവസാനിക്കുകയാണ് ഈസാൻ തലാം ആ സമയത്ത് ഇമാമഹതി മരണപ്പെടുന്നു ഇമാനെ നമസ്കരിക്കുന്നു ഇമാമഹദിയുടെ അലേഹിസലാ ഇസ്ലാമിക ഭരണത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കും ഈസാന വിവാഹം കേൾക്കും കൊന്നാലുടനെ ഈസാന വി പറയും പന്നികളൊഴുവനും കൊന്നെടുക്കുക പുരുഷികളെ തകർത്തുമാക്കുക ഈ സാനവി പന്നി മാസം ഹരാറാണെന്ന് പറഞ്ഞവരോട് ഈ സാനവി പന്നികളെ കൊന്നെടുക്കാൻ സഹോദരങ്ങളെ ഏതാണ്ട് നാൽപ്പത് വർഷം ഈ സാനവി ഭൂമി അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇസ്ലാമിക ലോകത്തിന്റെ ഹൃദാവസാനത്തിന് കൊട്ടുമുമ്പുള്ള അടുത്തടയാളം പ്രത്യക്ഷപ്പെടുക ആ പ്രത്യക്ഷപ്പെടുന്ന അടയാളം ഏതെന്നറിയുമോ ഈ എഴുചൂജും അൂജും ഒരു സാങ്കല്പിക കഥയല്ല അള്ളാന്റെ കുറാൻ പറഞ്ഞ കഥയാണിത് അഥാ ഇതാ ബുദ്ധിഹത്ത് എഴുചൂചവുചൂജ വഹും അതബന് ഉയച്ചു അള്ളാന്റെ ചോദിച്ചു അള്ളാന്റെ തുറന്നു വിടുമ്പോ യജൂദിനെയും തുറന്നു വിടുമ്പോല്ലി അവര് താഴ്വരയിലൂടെ നിറഞ്ഞു നടക്കുമ്പോ ആ സമയത്ത് അവസ്ഥ എന്താണെന്ന് വിശുദ്ധ കുർആാൻ അള്ളാഹുബിന്റെ ഖുഹാൻ ചോദിച്ചു യഹ്ജൂജ് മഹജൂജ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ കാലത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം യുജൂജ് മഹജൂജ് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാ എന്താ യജൂജ് മഹ്ജൂജ് അത് രണ്ട് പേരാണോ അതോ രണ്ടിലധികം പേരാണ് അതൊരു സമൂഹത്തിന്റെ പേരാണ് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനുള്ള ഒരു സമൂഹത്തിന്റെ പേരാണ് യുജൂജ് മൗജൂജ് വളരെ പൊപ്പം പറഞ്ഞ ആളുകൾ ഈ മൗജൂജ് ലോകത്തേക്ക് പുറപ്പെടും അള്ളാഹുവിന്റെ ഖുർആാൻ തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ തുറന്നുവിട്ടാൽ എന്നാണ് ഖുർആാൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഖുർആാൻ തുറന്നുവിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരെ അവരെ അടുത്തി അടച്ചിരിക്കുകയാണെന്നല്ലേ അപ്പൊ യുജൂജ് എന്ന് പറയുന്നത് രണ്ടു പേരല്ല രണ്ടിലധികമുള്ള ഒരു വലിയ ബഹുസ്വര സമൂഹമാണ് അവരെ തുറക്കപ്പെടും എന്നാണ് ഖുർആാൻ പറയുന്നത് എവിടെയാണ് അടയ്ക്കപ്പെട്ടത് അടയ്ക്കപ്പെട്ട സംഭവം ഖുർആാൻ തന്നെ പറയുന്നു പക്ഷേ നമുക്ക് അവർ ചർച്ച അല്പനേരം സൂറത്തിൽ കഹു വെള്ളിയാഴ്ച ഓതൽ സുന്നത്തൻ ഒരാള് വെള്ളിയാഴ്ച രാവിലെ സൂറത്തിൽ കഹു ഫോതിയാൽ തിറ്റേ വെള്ളിയാഴ്ച മുതൽ അതുവരെ അവൻ ചെയ്ത എല്ലാ ചെറിയ പാവങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് അപ്പൊ ഇൻഷാല് സൂറത്തിൽ കഹുബോധില്ല എല്ലാരും ഇന്ന് ഓതിയാൽ കഴിഞ്ഞ പ്രാവശ്യം ഓതിയത് മുതൽ ഇപ്പോൾ ഓതിയതുവരെ ഏതൊക്കെ ചെറിയ പാവങ്ങൾ ചെയ്തോ ആ പാപങ്ങളെല്ലാം അള്ളാഹു സൂറത്തിൽ കഹു ഫോതുന്നതിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കും ചില ഓതുമില്ലേ സഹോദരിമാര് വെള്ളിയാഴ്ച അതായത് വ്യാഴാഴ്ച മകരിബ് നിസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ച ജുമൈക്ക് നിസ്കരിക്കുന്നതിന് മുമ്പ് സമയം ഈ സമയത്തിൽ എപ്പോഴെങ്കിലും ഓടണം ചില ഓതുമില്ലേ അള്ളാഹു തോക്കീക്ക് നൽകട്ടെ അള്ളാഹു തോക്കീക്ക് നൽകട്ടെ ൂണിൽ കരുണേലുംറ നയോണ കാലിൽ കരുണേ ദുൽഖർണയും ചക്രവർത്തിയെക്കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാല് പറഞ്ഞുകൊടുക്കുന്നവിയെ തുരുക്കി പറയാം ആരാ ദുൽക്കർണ്ണയും ചക്രവർത്തി ലോകം മുഴുവനും അടക്കി വരിച്ച ചക്രവർത്തിയാണ് ദുൽഖർണയും ചക്രവർത്തി അദ്ദേഹം ഒരു ദിവസം യൂറോപ്പിലേക്ക് സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോകമത്തിൽ രോഗ <laughs> അത് ഉൽക്കന്ന ചക്രവർത്തിയുടെ അടുക്കലെ കാവലാദിമായിട്ട് കുറെ ജനങ്ങളോട് അവര് വന്നിട്ട് പറഞ്ഞു ചക്രവർത്തിയോട് അള്ളാഹുവിന്റെ കുറാൻ തന്നെ പറയുന്നത് കേൾക്കുക Amen. <laughs> ഞങ്ങളുടെ പ്രിയപ്പെട്ട ചക്രവർത്തിയെൽക്കണയും ചക്രവർത്തിയോട് പറയുകയാണ് ഒരു സമൂഹം പറയുന്ന ദുൽഖർണയിലെ ചക്രവർത്തിയെ ഇന്ന എഴുചൂര ഈ അവര് ഞങ്ങളുടെ നാട്ടില് വലിയ കുഴപ്പമുണ്ടാക്കുകയാണ് അവര് ഞങ്ങളുടെ വയലുകൾ നശിപ്പിക്കുകയാണ് ഞങ്ങളുടെ വിളകൾ തിന്നൊടുക്കുകയാണ് എഴുചൂജും പരാക്രമം കൊണ്ട് ഞങ്ങൾ പൊറുതി പൊട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് ദൂൽക്കണ്ണയും ചക്രവർത്തിയെ ആയു ൂദനം ഒന്ന് തടയിടാണ് നിങ്ങളെ ഞങ്ങളെ സഹായിക്കുമോ ആ യഴുസൂജിന്റെ പരാക്രമത്തിൽ നിന്ന് ഞങ്ങളെ നിങ്ങളൊന്ന് രക്ഷിക്കുമോ കൊടുക്കുന്ന ഈ ചക്രവർത്തിയെ പ്രമാണപ്പെട്ട് ചക്രവർത്തി നിൽക്കനേ ചക്രവർത്തി പറഞ്ഞു ഞാൻ ഉപായം പറഞ്ഞു തരാമ ആ ഭാഗത്ത് നിന്നാണ് സമൂഹം വരുന്നത് ആരാന സദ്ധാ <speaking> <si> <speaking�> <rika> ും ഞങ്ങളുടെ കടന്നു വരാതിരിക്കാൻ സതില് ഞങ്ങൾക്ക് കെട്ടിത്തരുമോ ദുൽഖൻ ചക്രവർത്തിയോട് അവര് പറഞ്ഞെന്താ അവര് കടന്നു വരാതിരിക്കാൻ അല്ല അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ ഒരു മതില് ഒരണക്കെട്ട് കെട്ടിത്തരണം ഒരു വൻ മതില് അങ്ങനെ ദുൽക്കണ്ണയും ചക്രവർത്തി പറഞ്ഞു ശരി ഒരു മതില് കെട്ടിത്തരാം ഒരു മതില് കെട്ടിത്തരും കെട്ടിത്തരാജൂജും ഔജുറ്റും വരുന്നത് ഏതായാലും യൂറോപ്പിൽ നിന്ന് എന്താ യൂറോപ്പ് യൂറോപ്പിനെ കുറിച്ച് കുറാൻ പറഞ്ഞെന്താ യൂറോപ്പിനെ കുറിച്ച് കുറാൻ പറഞ്ഞെന്താ ലായൂന ലായൂന യൂറോപ്പിന് ഒന്നും തിരിയൂല്ല ഒന്നും തിരിയൂന്നല്ല അറബി ഭാഷയുടെ പ്രയോഗം ലായക്കാദൂന കൗല അടുത്തൊന്നും തിരിയാൻ പോകുന്നുമില്ല ഒന്നും അറിയില്ല പറഞ്ഞാൽ ഒന്നും അടുത്തൊന്നും തിരിയാത്ത സമൂഹമാണ് യൂറോപ്പ് ഒന്നും അറിയാതിരുന്ന യൂറോപ്യനെ പഠിപ്പിച്ചത് ഇസ്ലാമാണ് ഇസ്ലാമിന്റെ യൂ സദിയുടെ തീരത്തൂടി ഞണ്ടും നടന്ന യൂറോപ്യന്മാരെ വിജ്ഞാനത്തിന്റെ ശാഖയിലോട്ട് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ യൂണിവേഴ്സിറ്റികളാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോക്കിക്ക് നൽകട്ടെ ഞാൻ ചുരുക്കി പറയാം സമയം അവസാനിക്കാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ ുൽക്കർണയിൻ ചക്രവർത്തി ഈ ദുൽഖർണയിൻ അലക്സാണ്ടർ എന്ന് ചില അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല കാരണം ദുൽഖർനെയും മുസ്ലിമായ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ മുസ്ലിം ഗ്രേറ്റ് അലക്സാണ്ടർ അതുകൊണ്ട് ഇത് എന്ന് പറയുന്ന നിഗമനത്തോട് യോജിക്കാൻ കഴിയില്ല ഏതായാലും ഈ വന്മതിൽ എവിടെയാണ് പണിതത് എങ്ങനെയാണ് പണിതത് അള്ളാന്റെ കുർഹാൻ തന്നെ പറയട്ടെ മാരപ്പെട്ട ദുഃഖണ്ണയും ചക്രവർത്തി പറയുകയാണ് നിങ്ങൾക്കും എഴുചൂജും ഔജൂതിന്റെ ഇടയില് ഞാൻ നിങ്ങൾക്കൊരു മതില് കെട്ടിത്തരാം ആ മതില് പണിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ കുറെ ഇരുമ്പിന്റെ പാലുകൾ എനിക്ക് കൊണ്ടുവന്ന് തരണം അങ്ങനെയാണ് ആറ്റുകാർ കൊറേ ഇരുമ്പിന്റെ പാളുകൾ കൊണ്ടുവന്നു കൊടുത്തു ആ ഇരുമ്പിന്റെ പാലുകൾ രണ്ടു ഭാഗത്തും അടുക്കി വെച്ചിട്ട് സഹോദരങ്ങളെ നിൽക്കുന്ന എന്ത് ചെയ്തെന്നറിയുമോ multimodal sacrifices ശക്തമായ പാളുകളെ രണ്ട് ഭാഗത്തും അടുക്കി വെച്ചിട്ട് ബഹുമാനപ്പെട്ടത് നീൻ പറഞ്ഞു ഇനി നിങ്ങൾ കൊറേ ഈയം കൊണ്ടുവരിക കൊറേ ഈയം കൊണ്ടുവരുട്ടു ഇരുക്ക നീൻ പറഞ്ഞു തീകത്തിക്കുക വല്ലാതെ തീകത്തിക്കിട്ട് രണ്ട് ഇരുമ്പ് ഇടയിലേക്ക് ഈയം കൊണ്ട് നിറച്ചു വത്രേ ലോകത്തിലാദ്യത്തെ സാങ്കേതിക വിദ്യാഘയൺ പറയുന്നു ഇരുമ്പിലേക്ക് ഈയം ഒരുക്കി ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ശക്തിയുള്ള ലോകം പിന്നീട് വേറെയില്ലെന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനിയുടെ മുത്തുമോ നോക്കി പറയുകയാണ് അടുക്കി വെച്ച് അതിന്റെ നടുവിലൂടെക്കി വെച്ചിട്ട് പ്രധാനപ്പെട്ട ദീർഘ നയിന് ചക്രവർത്തി അഭിജൂദിന് തടയിടാൻ വേണ്ടി സമൂഹത്തിന്റെ ഇടയിലൂടെ ഒരു വലിയ വന്മതില് നിർമ്മിച്ചു സഹോദരങ്ങളെ ആ വന്മതിലേതാണ് ചൈനയില വന്മതിലാണെന്ന് അഭിപ്രായം പറയുന്നവരുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് അല്ലാണ്ട് പറഞ്ഞു നിങ്ങൾക്കണേ പതിനാല് ചൈന എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അള്ളാൻഡ് റസൂൽ എടുത്തു പറയാനുള്ള കാരണം എന്താ അറബികളൊക്കെ ചൈനയിലേക്ക് എത്താണെന്ന് വലിയ ദുർഖമാണ് ഒരു മനുഷ്യന് പോലും എത്താൻ പറ്റാത്ത നാടാണെന്നൈന സീൻ ഇത് രണ്ടുകൂടി യോജിപ്പിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാര് പറയുന്നു ചൈനയുടെ വൻമതിലിന്റെ ഏതോ ഭാഗത്താണ് ഈ നിലനിൽക്കുന്നതെന്ന് പ്രാമാണികമായ പ്രബലമായ പ്രവാചകൻ അതീസുകളുടെ പിൻബലത്തിലുള്ള രേഖയല്ല ഇതിനെ മുഴുവന് കൂട്ടുപോചിപ്പിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാരിന് പലരും പറയുന്നുണ്ട് അമ്മ മറുഭാഗത്ത് ചൈനയുടെ ഏതോ ഒരു ഭാഗത്താണ് തിരിക്കുന്ന ഈ ചക്രവർത്തി ലോകത്തിന്റെ മുഴുവനും വർത്തമാനകാലത്തിന്റെ നടുവിലേറെ സങ്കീർണമായ ലോകാവസാനത്തിന്റെ ചർച്ചകൾ വരുമ്പോ പ്രധാനപ്പെട്ട അതാ ലോകത്ത് എഴുതൂരും പുറപ്പെടുകയാണ് തകർത്തുകൊണ്ട് ലോകാവസാനമാകുമ്പോഴവര് വെളിയിലോട്ട് വരും ഭൂമിയിൽ വന്നാൽ അവര് പെറ്റുപെരുകാടുങ്ങും ലക്ഷക്കണക്കിനായിട്ട് എഴുചൂജും അഴുജൂരും തെറ്റുപെരുകി സർവ്വവിളകലും അവര് പിന്നാടുടങ്ങും ഈ സർവ്വ വെള്ളവും അവര് കുടിച്ചു പറ്റി കൊടുക്കാൻ വെള്ളമില്ല സർവ്വ കൃഷികളും അവര് തിന്നുതീർക്കും മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ അവസാന മുസ്ലിമീങ്ങൾ എടുക്കൽ അവരാദ്യമായി കൊണ്ട് പൊറതി കൂട്ടി ഈസാനവിയെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമോട് ോ അല്ലാതെ സുധാനഭൂവ ഈ അജൂജ് മജൂദിന് ഒന്നടങ്കം മരിപ്പിച്ചു കളയുമെന്ന് നശിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ അവരെ മരിപ്പിച്ചു കളയുമ്പോൾ ലോകം മുഴുവനും പിന്നെ യൗജൂദിന്റെയും മൗജൂദിന്റെയും മയത്താണ് കബറക്കുന്നത് ഇവിടെയാ വീണ്ടും മുസ്ലിം ഈസാനബിയുടെ അടുക്കൽ വരും ഈസാ നബി അല്ലാനോട് ചെയ്യുമ്പോ ആകാശത്ത് നിന്ന് പറന്ന് വരുന്ന പരിദിനെ പോലെയുള്ള പക്ഷികൾ യൗജൂദ് മഹദൂദിന്റെ ശവശരീരങ്ങൾ കുത്തിയെടുത്തു കൊണ്ട് പറന്നുപോകുമെന്ന് ലോകത്തിന്റെ മുസ്തഫ ി ഞാൻ പറയട്ടെ ഈസാനവി നാൽപ്പത് വർഷം ഭരിക്കും ഈസാനബി വിവാഹം കഴിക്കും അവസാനം ഈസാനവി അലേ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ ഈസാനവിന്ന് ഈസാനബിയെ കബറടുക്കും എവിടെയാണ് ഈസാനബിയെ കബറടക്കുന്നതെന്നറിയോ ഈസാനവി അലേ ഇകും ഈസാനബിയെ കബറടക്കും എവിടെയാ ഈസാനബിയെ കബറടക്കുന്നത് ിന്റെ പ്രവാചകന്റെ റൗഷരീഫിലോട്ട് കിടന്നു ചെല്ലുമ്പോ ബാബു സലാമിലൂടെ കടന്നിട്ട് കടന്നു ചെല്ലുമ്പോ ആദ്യം നമുക്ക് കാണാം വെള്ളപ്പർവത ആര് വിരിച്ച കുറച്ച് സ്ഥലം എല്ലായിടത്തും ചുവപ്പ് കാർപ്പറ്റാണ് വെളുപ്പ് കാർപ്പറ്റില് ചിത്രപ്പണിയുള്ള ഒരൽപസ്ഥലം കാണാം ആ സ്ഥലമാണ് ലോകത്തിലെ സ്വർഗം ഭൂമിയിലെ സ്വർഗം മാബൈന ഭൈദീവരീളത്തും ഇന്ത്യ സ്വർഗത്തിലെ ഭൂമിയിലെ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയണം മുസ്ലിമേ കണ്ണു നിറഞ്ഞു പോയി രണ്ടര കേട്ട് നിസ്കരിച്ച സ്ഥലമാണ് ഭൂമിയിലൊരു സ്വർഗമുണ്ടോ ഭൂമിയിലൊരു സ്വർഗമുണ്ടോ മരിച്ചു സ്വർഗമുണ്ടോ മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല തമർ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല സ്വർഗമല്ല ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല കടിഞ്ഞിട്ടുള്ള സ്വർഗമല്ല നന്മതിന് മകൾ തൂക്കിയതിനു ശേഷമുള്ള സ്വർഗമല്ല എന്റെ സഹോദരങ്ങളെ സ്വർഗമുണ്ട് ആ സ്വർഗം എവിടെ എന്നറിയുമോ റുവിയാളിലല്ല ആപ്പിളുകൾ തൂങ്ങിക്കിടക്കലുള്ള ലണ്ടനിലല്ലാൻസിസ്കോയിലൂമിയിലൊരു സ്വർഗമുണ്ടത്രേ ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ ആ സ്വർഗം എവിടെ എന്നറിയുമോ ആ സ്വർഗം എവിടെ നിന്നറിയുമോ എന്റെ പ്രവാചകന് എന്റെ പ്രവാചകന് എന്തേതാ നാളെ കൈപിടിക്കേണ്ട നാളെ പോകേണ്ട നായകനെ വസീലയുടെ നായകനെ നായകനെ അല്ലാണ്ട് െടുത്തിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോയ സ്ഥലം എന്റെ പൊരുന്ന സഹോദരങ്ങളെ ലോകത്തിൽ പ്രവാതകൻ ജീവിച്ചിരുന്നു ആ പ്രവാചകൻ വാണ്ടുകേട്ടപ്പോൾ ഒതുവെടുത്തിട്ട് പള്ളിയിലോട്ട് കയറിപ്പോയ സ്ഥലം ആ പ്രവാചകന്റെ പാപം പതിഞ്ഞ ആ സ്ഥലം എന്താ എന്നറിയുമോ അല്ല പറഞ്ഞു ഭൂമിയിലെ സ്വർഗമാണ് സ്വർഗമാണ് സ്വർഗമാണ് ഒരു പ്രവാചകൻ നടന്ന സ്ഥലം പോലും സ്വർഗമായി മാറി ആ ഭൂമിയിലെ സ്വർഗത്തിൽ നെറ്റിവെക്കാൻ അവിടെ നിന്നുള്ള രണ്ടര ൻ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ അതികൾ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ ഞാൻ ഓർത്തുപോയി മനുഷ്യൻ ഒരു പ്രാവശ്യം കരഞ്ഞാൽ മുക്കാൾ ഗ്രാമ കണ്ണുനീരെ വരൂല്ലെന്നാണ് സയൻസ് പറയുന്നത് സയൻസ് തെറ്റിപ്പോയി എന്റെ പ്രവാചകന്റെ റൗദയിൽ ത് മുക്കാൽ ലിറ്ററല്ലാൽ ഗ്രാമനാണ് തയൽസ് പറയുന്നത് ലിറ്ററോളം കണ്ണിയിൽ ഒരുങ്ങിയ സ്ഥലം അല്ലാണ്ട് പൂകാവനം തീരമിന്ദരി സ്വർഗ പൂന്തോപ്പ് കഴിഞ്ഞാല് വലതു ഭാഗത്തൊരു മിമ്പർ കാണാം അല്ലാണ്ട് റസൂല് കുത്തുവ നിർവഹിച്ച മിമ്പർ അല്ലാണ്ട് നിറസൂല് കയറി നിന്ന മിമ്പർ അത് കഴിയുമ്പോൾ ഒരു സ്വർണത്തിന്റെ കളറുള്ള കൂടാരം കാണാം ആ കൂടാരത്തിന്റെ ഭാഗത്ത് കിടന്നുല്ലുമ്പോ നമ്മള് കാണാം രണ്ട് ഹോളുകൾ കാണാം ആ ഹോളുള്ള വാതിലിന്റെ ആദ്യം കാണുന്നത് രണ്ട് ഹോളാണ് അതിന്റെ മുകൾ ഭാഗത്ത് ഖുർആാൻ ഒരായത്തെഴുതി വെച്ചിട്ടുണ്ട് ിൽ ജാരി കുർ വരാക്ക് വസൂലല്ല സഹോദരങ്ങള് അല്ലാണ്ട് റസൂരിനോട് സ്ഥലം പറയാനുള്ള ആവേശത്തോടെ കടന്ന് ചെല്ലുമ്പോ ആദ്യം ഒരു ഗ്രില്ല് കാണാം ആ ഗ്രില്ലില് ഒരാളുടെയും അവിടെ ഒരാളെയും അടക്കം രണ്ടാമത്തെ ഗ്രില്ലിലാണ് പ്രവാചകനെ കബറടക്കിയിരിക്കുന്നത് ആദ്യം ഒഴിച്ചിട്ടിരിക്കുന്ന ഗ്രില്ലിന്റെ ഭാഗം അവിടെയാണ് ഈ സാനവിയെ കബറടക്കം ചെയ്യാൻ ഒഴുക്കിട്ടിരിക്കുന്ന സ്ഥലമെന്ന് ആദ്യം കാണുന്ന ഗ്രില്ലിന്റെ ഭാഗത്താണ് ബഹുമാനപ്പെട്ട റൂം ലോകാവസാനത്തെ കുറിച്ച് ഇത്രാധികാരികമായിട്ട് പറയാൻ ആർക്കാന്ന് കഴിയുക പള്ളി വരാൻ പള്ളിയിലൊരു വിനാരമൊഴിച്ചിട്ടിരിക്കുന്നു കബറടക്കാനത്തോളം ആൾ ചാലത്ത് സ്ഥലവും ഒഴിച്ചിട്ടിരിക്കുന്നു ഈ താനവി അവിടെയാണ് കബറടക്കുന്നതെന്ന് ലോകത്തിന്റെ പിരുഭേദവേണം ആർക്കാ ഇത്ര ആധികാരികമായിട്ട് പറയുക ഈസാനബയോടെ അടക്കിക്കഴിഞ്ഞാൽ ജഹിജാവ് എന്ന് പറയുന്ന ഒരു രാജാവ് ആറു വർഷം ഭരിക്കും ഈസാനബി ഭരിക്കുമ്പോ എല്ലായിടത്തും സമത്വമാണ് സാഹോദര്യമാണ് എല്ലാവരും മുസ്ലിമാകും എല്ലാവരും ദൂതന്മാരടക്കമുള്ള ആളുകൾ മുസ്ലിമീങ്ങളാകും ഖുർആാനല്ലേ പറഞ്ഞത് ഞാനല്ലോ وَإِن مِنَّهِ لِلْكِتَابِ إِلَّا عَلَيْهُ مِنَ النَّبِيهِ قَبِلَ مَوْتِهِ نبي يَنْمَرِكُنَّ دِلُمُنْ بِيسَانَ بِيهِ صَرْوَ بَيْذَكَارِمْ عَمْيَ كُلْدُ بِيشَسُكُمَ النَّبِيَ شُدُّ قُرْعَانِ എല്ലാവരും വിശ്വസിക്കും ലോകം മുഴുവനും സമത്വം സാഹോദര്യം കളിയാടും ഈസാനവി മരിച്ചു കഴിഞ്ഞ് ജഗുജാവ് ഭരണ ഏറ്റെടുക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്ത് പ്രശ്നങ്ങൾ കുഴപ്പമുണ്ടാവാൻ തുടങ്ങും ഫിത്തനകള് തുടങ്ങും അനാചാരങ്ങൾ തുടങ്ങും അന്ധവിശ്വാസങ്ങൾ തുടങ്ങും പഴയ കാലത്തിലെ ഇമാം അഹുതി വരുന്നതിന് തൊട്ടു മുമ്പ് ഏതവസ്ഥയാണോ ആ അവസ്ഥയിലേക്ക് ലോകം മുഴുവനും കടന്നുപോകും ഇതിനിടയിൽ ഒത്തിരി ഒത്തിരി അടകളുണ്ടൊക്കെ പറഞ്ഞുകൊണ്ടാലും നമുക്ക് വിഷയങ്ങളോ ജപ്പാനിൽ പോകുമ്പോണ്ടായില്ലേ ഞാൻ അടുത്ത ഭൂകമ്പോ എവിടെ എന്താണ് ലോകാവസാനത്തിനുമ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടാവും അവിടെ ഉണ്ടാവും ലോകവസാനിക്കുന്നതിന് തൊട്ടുമുമ്പോ ഒരു ഭൂകമ്പം ഉണ്ടാവും എവിടെ ആയിരിക്കും നിങ്ങൾ ആരും ഉദ്ദേശിക്കാത്ത സ്ഥലത്താണ് ശരി ഇരിക്കാം ക്ലൈമാക്സോടെ ഇരിക്കും ആവേശം വേണ്ട കേൾക്കാൻ ജഹ്ജാവ് മരിച്ചതിന് ശേഷം ഈസാനബിക്ക് ശേഷം ആറ് ചക്രവർത്തിമാരും കൂടി ലോകം പറയും മലരും പറയാണ്ട് ഈസാനബി മരിച്ചു ലോകം അവസാനിച്ചു ഇല്ല ഈസാനബിക്ക് ശേഷം വീണ്ടും ആറുപേരുകൂടി ലോകം ഭരിക്കും ഓരോരുത്തരുടെ കാലഘട്ടത്തിനും സിത്തിനെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടേയിരിക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വ്യവിചാരവും മറ്റും ഒക്കെ ആ സമയത്ത് ഇമാം മഹിതി വരുന്നതിന് തൊട്ടുമുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ തന്നെ കടന്നുവരും അങ്ങനെ കടന്നു വന്ന് ലോകം മുഴുവനും വലിയ അതപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലോട്ട് കടന്നു പോകുമ്പോ ലോകത്താർക്ക് സത്യമില്ല ധർമ്മമില്ല ബോധമില്ല ഒന്നുമില്ലാത്ത നമ്മുടെ കാലഘട്ടം പോലെ ആയി കഴിയുമ്പോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ പെരുന്നാള് ദിവസം വരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ പെരുന്നാൾ ദിവസം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ആളുകളെല്ലാം വീട്ടിലോട്ട് പോകും അന്നത്തെ ദിവസം വിശാല നമസ്കാരം കഴിഞ്ഞ ജനങ്ങളെല്ലാം വീട്ടിൽ കിടന്നുറങ്ങും ബഹുമാനപ്പെട്ട ഈ സാന വരെ ഈ സലാ തുസലാമിന്റെ വപാത്തിന് ശേഷം ആറ് ചക്രവർത്തിമാര് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ലോകം മുഴുവനും മതപതനത്തിന്റെ അതമഭാവ കടന്നു തെല്ലുമ്പോ അങ്ങനെ ലോകം മുഴുവനും ഹക്കിന് സ്ഥാനമില്ലാതെ അനാശാശ പ്രവണതകൾ മുളുകിക്കടിയുകയാണ് ലോകാവസാനത്തിന് വിരിയിടത്തിന്റെ കാകളമോതാൻ പോവുകയാണ് ഒരു വലിയ പെരുന്നാല് ദിവസം എല്ലാവരും വിശാ നമസ്കാരങ്ങളിലേക്ക് കടന്നുറങ്ങുന്നു എല്ലാ മനുഷ്യരും ലോകം ഉറക്കത്തിലോട്ട് ചെല്ലുന്നു സഹോദരങ്ങളെ രാവിലെ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോ ോകത്തതാ വെളിച്ചം കാണുന്നില്ല സൂര്യൻ ഉദിക്കുന്നില്ല സൂര്യന്റെ കിരണങ്ങൾ കാണുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറുകഴിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂറുകഴിഞ്ഞ് പകല് വരേണ്ട സമയമായി പകല് കാണാനില്ല ലോകത്ത് മുഴുവന് കൂരാത്തൂരലിട്ടാണ് ലോകത്തിനുള്ള ഭൂഖണ്ഡങ്ങൾ മുഴുവന് കൂരാത്തൂരത്തിൽ കിടക്കുന്നു കിടന്നുറങ്ങിയവരെല്ലാം കണ്ണു തുറക്കുന്നു ഉറക്കത്തിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷേ പകര് വരുന്നില്ല പകല് കാണുന്നില്ല സൂര്യൻ കാണുന്നില്ല ചക്രവാതം എവിടെ കാണുന്നില്ല കിഴക്കിന്റെ ഉപ്രവസ്ഥരി എവിടെ കാണുന്നില്ല വിശുദ്ധിന്റെ പ്രഭാതമേ കിടന്നു വരുന്നില്ല എല്ലാവരും ഉറക്കമെടു നിൽക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ കിടന്നു രാത്രി മാറുന്നില്ല സഹോദരങ്ങളെ ലോകത്തിലെ രാത്രി ഒരു ദിവസം കഴിഞ്ഞിട്ടും സൂര്യ ഉദിക്കുന്നില്ല ആളുകൾ വശന്നിട്ട് കരയാൻ തുടങ്ങി ആടുമാടുകൾ നിലവിൽക്കുന്നു വന്യമൃഗങ്ങൾ കിടന്നു മുരളുന്നു ആളുകൾ കൂടുതലും നിലവിൽ സഹിക്കാൻ കഴിയുന്നില്ല മുഴുവനും ഒരു തരിപ്പിന്റെ വെളിച്ചം പോലും ഇല്ല അല്ലാണ്ട് റസോന് പറഞ്ഞു അന്ന് ആളുകൾ മുഴുവനും വിളക്കിടത്തി കാണോക്കും അവര് വിളക്കിടത്തി കാണോക്കുമ്പോ പ്രകാശത്തിന് ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അന്ന് തീപ്പട്ടു നിരത്തി ആര് കത്തുകയില്ല വിളക്കിലെത്തിച്ചാല് വരികയില്ല ലൈറ്റിട്ടാല് ചാല് ലൈറ്റ് തെളിയുകയില്ല പ്രകാശത്തിന്റെ മാർഗങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം അന്നത്തെ പോകും ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ കഴിയും പള്ളികളുടെ ഭീനരോചനങ്ങൾ ഉയരാൻ തുടങ്ങി വന്യമൃഗങ്ങൾ കരയാൻ തുടങ്ങി കോഴികളും പറവകളും ഭീതിരമായ കരയാൻ തുടങ്ങി മനുഷ്യന്റെ സല്ലിട്ടികളെന്ന് നിലവിൽ കാണ്ടുടങ്ങി നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞു വലിയ പെരുന്നാളിന്റെ ദിവസം വിശാംസ്കാരങ്ങളിൽ കിടന്നാളുകൾ രണ്ട് ദിവസം പൂർണ്ണമായി കഴിഞ്ഞു സൂര്യനെ കാണാനില്ല എല്ലാ ദിവസവും കിഴക്ക് നിന്നു സൂര്യ പടിഞ്ഞാറ് പോയത്ത മീറ്റ് സൂര്യകിരണങ്ങൾ ഇവിടെയാണ് നിങ്ങൾ യുടെ ലോകം മുഴുവനും നിലവിളിയുടെ ദീനരോധനം ഒലിഞ്ഞു കേൾക്കുമ്പോ ലോകം മുഴുവനും ഒരു പുള്ളി വെളുത്ത പിന്നെ മനുഷ്യരും നാൽക്കാലികളും കിടന്ന് അതാ എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടു എഴുപത്തിരണ്ട് മണിക്കൂറ് പിന്നിട്ടു എഴുപത്തിരണ്ട് മണിക്കൂറ് പിന്നിട്ട് കഴിയുമ്പോ എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിട്ട് കഴിയുമ്പോ അതാ ദിവസങ്ങള് കഴിഞ്ഞ് മനുഷ്യൻ മുഴുവനും വയറുപോലും വിശപ്പ് കൊണ്ട് മാന്തിപ്പറിക്കുമ്പോ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോ എവിടെ ചെറിയ ചെറിയ പ്രകാശങ്ങൾ കടന്നു വരുന്നത് പോലെ എവിടെ ഒരു ഒരു ചെറിയ ചെറിയ പ്രകാശം കടന്നു വരികയാണ് ആളുകൾ മുഴുവനും എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം പകരുക ആഗ്രഹത്തോടെ അവര് നോക്കുമ്പോ സുധരാള സൂര്യന് പടിഞ്ഞാറ് നിന്നുദിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിക്കുകയാണ് ഗ്രഹണം ബാധിച്ചതുപോലെ ഗ്രഹണം ബാധിച്ചതുപോലെ ഗ്രഹണം ബാധിച്ചതുപോലെ അതാ ഇത്ര നാള് കിഴക്ക് നിന്നുദിച്ച സൂര്യൻ ഈ പ്രപഞ്ചത്തിന്റെ തുണക്കം മുതൽ ഇടുക്കൽ വരെ കിഴക്കൻ നിദിച്ച സൂര്യന് അതാ പടിഞ്ഞാറ് നിന്നുദിക്കുകയാണ് ഗ്രഹണം ബാധിച്ച രോഗിയെ പോലെ സൂര്യകോളം മെല്ലെ മെല്ലെ ആകാശത്തു നടക്കുന്നു മനുഷ്യര് പരിഭ്രാന്തിയോടെ എഴുന്നേൽക്കുന്നു അള്ളാഹു കാത്തിരി ചിക്കട്ടെ അള്ളാഹു കാത്തിരി ചുറ്റട്ടെ ആ സൂര്യൻ നടന്ന് നടന്ന് മധ്യഭാഗത്തെത്തും എന്നിട്ടൊരു വന്നതുപോലെ തന്നെ പടിഞ്ഞാറേക്ക് തിരിച്ചു പോകും വന്നതുപോലെ തിരിച്ചു പോകും പിറ്റേ ദിവസം പതിവ് പോലെ സൂര്യൻ കിഴക്കിൽ നിന്നുദിക്കും അള്ളാന്ന് പറഞ്ഞു സൂര്യൻ പടിഞ്ഞാറിൽ നിന്നു കഴിഞ്ഞ പിന്നെ സൗമചൈതാട് സ്വീകരിക്കുകയില്ല സൗക സ്വീകരിക്കുകയില്ല സൗകയുടെ വാതിലുകൾ കൊട്ടിയ go <laughs> ന് തൗപയില്ല തൗപയില്ല തൗപയില്ല ആളുകൾ മുഴുവനും ഒരു വല്ലാത്ത എന്താണ് സൂര്യൻ പടിഞ്ഞാറ് എന്താണ് സൂര്യൻ പടിഞ്ഞാറ് അങ്കലാത്തോടെ ജനങ്ങൾ മുഴുവനും കടന്നു കഴിയുമ്പോ ജനങ്ങൾ മുഴുവനും ഭീതിയോടെ ലോകാവസാനത്തിന്റെ കാകലം അടുത്തതോടെ ഭീതിയോടെ നടക്കുമ്പോ അതാ നെഞ്ചു തകർത്ത് കൊണ്ടൊരു ആശനിപാത പോലെ വാർത്ത ചുരുക്കി പറയത്തെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഒരു വാർത്ത വീഴുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവക്കടലിന്റെ ലോകത്തിലെ മാനവരാശിയുടെ കടൽ സ്ഥിരമാന പോലെ മനുഷ്യരെ അറഫാ മരുഭൂമിയിൽ ഉണ്ടായി അറബയിൽ ഭൂകമ്പം പൊത്തിപ്പെടരുകയാണ് സഹോദരങ്ങളെ അല്ലാതെ പറയുന്നു പടിഞ്ഞാറ് നിന്ന് സൂര്യനുരുത്തു കഴിഞ്ഞാൽ അടുത്തടയാളം ഭൂകമ്പമാണ് പൊട്ടിവരുമ്പോ ജപ്പാനിലെ ഭൂകമ്പം പോലെയല്ല ജപ്പാനിന് ഭൂകമ്പം ഉണ്ടായപ്പോൾ വെളിയിലോട്ട് വന്നത് തിളച്ചു മറിഞ്ഞ ലാവയാണ് ലാത്തൂരില് ഭൂകമ്പം ഉണ്ടായപ്പോ കൂടിക്കുള്ളില് തിളച്ചു മറിയുന്ന ലാവയാണ് വന്നത് പക്ഷേ അറസയുണ്ടല്ലോ ഒച്ചക്കനത്തിന് മനുഷ്യരുടെ വേദിയായ അറഫ അച്ഛൻ്റെ മിൽപ്പിന്റെ വേദിയായ അറഫ എല്ലാവരും തിരിച്ചറിഞ്ഞ അറഫ ആ അറസയുടെ ഭൂകമ്പം ആ ഭൂകമ്പത്തിൽ നിന്നതാ ായി ഭൂതമ്പത്തിൽ നിന്ന് വെളിയിലോ താപ്പുലറലാണോ അപ്പുറമെന്ന പറഞ്ഞതല്ലേ വാപ്പുറത്തിനാലകും താപ്പത്തമ്മിനല്ല അവരുടെ തുകല്ലി മുഖം അന്നാസക്കാണു ഈ ആയാത്തിനാലായിരോ മഹാവിന്റെ വിശുദ്ധമായ ഖുറാൻ പറയുന്നു ഭൂമിയിലെ ദാപത്തില്ലറിവ് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏത് ദാപത്തിലാപത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ സഹോദരങ്ങളെ അറബയിൽ ഭൂകമ്പമുണ്ടായി ആ ഭൂകമ്പത്തിൽ നിന്ന് ദാപത്തിൽ പുറപ്പെടലായി എന്താ ദാപത്തിലറിവെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ബഹുമാനപ്പെട്ട ഇവര്ക്ക് സീറുക അന്യഹായത്വത്തിന് പിരി ിൽ മലാഹിമെന്ന ഹാഫിലെ ഇവിനൊക്കെ പ്രബലമായ കിതാബിന് അദ്ദേഹം താപറ്റിന്റെ ലക്ഷണം പറയുകയാ അതിന്റെ തല കണ്ടാല് കാളക്കൂറ്റന്റെ തല പോലെ ഇരിക്കും വായിനുഹു പറ്റി കർതിന്റെ കണ്ണ് കണ്ടാല് പന്നിയുടെ കണ്ണു പോലെയാ വ ഉദിനുഹാ ഉ അതിന്റെ ചെറിയ പോലെയാ വ കർണുഹാ കർണുഹയിലിന് ബഹുമാനപ്പെട്ട ഇതിലേക്ക് പറയുകയാ മുിയുടെ മുതുക നെഞ്ചു കണ്ടാൽ അതിന്റെ നെഞ്ചു കണ്ടാല് നെഞ്ചു പോലെയാ ലൗടന് മെരിഞ്ഞതിന് പുളിപ്പുലിയുടെ നിറമാറുവാന് അതിന്റെ അരക്കെട്ട് പൂച്ചയുടെ അരക്കെട്ട് പോലെയാണത് അതിന്റെ വാല് ആടുത്ത വാല് പോലെയാ ക ഇതു വഴി അതിന്റെ നട്ടന്റെ കരുതയുടെ നെറ്റുപോലെയാ ബൈനക്കുല്ലുമ്പലയിൽ രണ്ട് സന്ധികളുടെ ഇടയിൽ പന്നിയോളം അതിന് ദൂരമുണ്ടാകുമെന്ന് സഹോദരങ്ങളെ ഇതിന് തീറായി പറയുകയാണ് ആ സാതാപത്തിൻ്റെതെന്ന് പറഞ്ഞാൽ കാളക്കൂട്ടന്റെ തലയുള്ള പമ്മയുടെ കണ്ണുകളുള്ള ആനയുടെ ചെടികളുള്ള നിറമുള്ള ഏറ്റവും ആളുകൾ ഇതേവരെ കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട ഇവനക്ക് പറയുന്നു ദാപത്തിള്ളലിന്റെ വനത്തെ കയ്യിൽ മൂസാന വീട വടയുണ്ടാകും ഇടത്തെ കയ്യിൽ സുലൈമാൻ വീട മോതിരം എന്താകും എന്താ ഇത് ഇബിനു കീർഹുല്ല അന്യഹായിൽ ചിത്തനിവൽ മലാകില് പറയുന്നു ദാപത്തിൽ ഇങ്ങനെ ഒരു സാധനമാണ് അതിന്റെ കയ്യില് വലത്തെ കയ്യിൽ മൂസാ നബിയുടെ വടി ഉണ്ടാവും ചങ്കടലി പുലർത്തിയ മൂസാ നബിയുടെ വടി ആ വടി ഉണ്ടാവും ഇടത്തെ കയ്യിൽ സുലൈമാൻബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരവുണ്ടാവും ദാപത്തിലുള്ള പുറപ്പെട്ടു അറസയിലൊരു ഭൂകണ്ഡം ആവും ഭൂകമ്പം ഉണ്ടാവും ആ ഭൂകമ്പത്തിൽ നിന്ന് പുറപ്പെട്ട ദാപത്തിലുള്ള ഭൂമി മുഴുവന് ചുറ്റു നടക്കും ദാപത്തെന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ മൃഗം ദാബത്തിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മൃഗം ദാപത്ത് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ മൃഗം എന്നാണ് ആ പറഞ്ഞതൊരു മൃഗമാണ് അത് മനുഷ്യനല്ല പല രൂപങ്ങളുള്ള മൃഗങ്ങളുടെ പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്ത ഒരു മൃഗം ആ മൃഗം ഭൂമിമുടവനും മലഞ്ഞു തിരിഞ്ഞു നടക്കും സഹോദരങ്ങളെ അവസാനിപ്പിക്കട്ടെ കാണുന്നവരുടെ എല്ലാ മുമ്പിൽ മുമ്മിനീങ്ങളെ കാണുമ്പോ ലാബത്തിലും മുസാനപീഠ വടികൊണ്ട് മുംമിനീങ്ങളുടെ മുഖത്ത് തടകും ആ സമയത്ത് സത്യവിശ്വാസികളുടെ മുഖം മുഴുവനും വല്ലാതെ വസ്ത്രം പോലെ പ്രകാശിക്കാൻ തുടങ്ങും ബഹുമാനപ്പെട്ട ഹുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മടിവുണ്ട് ഈ താപത്തിൽ നിന്ന് മനുഷ്യരുടെ മുഖത്ത് തടകുമത്രേ ആ സമയത്ത് മുസ്ലിനീകളുടെ മുഖം അല്ലാതെ പ്രകാശിക്കാൻ തുടങ്ങുമ്പോ മോതിരം മുഖം മുഴുവനും കറുത്ത് കരിവാളിക്കും ലോകം മുഴുവനും ദാപത്തിൽ ചുറ്റി നടക്കും അങ്ങനെ മുസ്ലിമീങ്ങൾ മുഴുവനും മുഖം പ്രകാശിച്ചവരായി കാഫിലീങ്ങൾ മുഴുവനും മുഖം കറുത്തവരായി ലോകത്ത് രണ്ട് വിഭാഗമല്ലാതെ പിന്നെ ഒന്ന് മുഖം പ്രകാശിച്ച മുഗ്മിനീങ്ങൾ രണ്ടു മുഖം കരുത്ത കാഫിലീങ്ങൾ ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും രണ്ടായിട്ട് വിഭജിച്ചു അതാ ലോകത്ത് നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാനത്തെ അടയാളം വരികയാണ് ഏതാണ് അടയാളമെന്നറിയുമോ മുഖം പ്രകാശിച്ച മുസ്ലിമീങ്ങൾ ഈമാനിന്റെ പ്രതയോടെ നിൽക്കുമ്പോ അതാ കഴയം പൊളിക്കലായി ലോകത്തിലുള്ള മുസ്ലിമീങ്ങളെ നെഞ്ചു തിരിച്ചിരിച്ചൊളിക്കപ്പെട്ടിരുന്ന വാർത്ത വരുമ്പോ എന്റെ സഹോദരങ്ങളെ അറുപതിനായിരത്തോളം വരുന്ന പടയാളികൾ കഴപാലയം പൊളിക്കാൻ വേണ്ടി ഹറവിനുള്ളിലോട്ട് കടന്നു കയറും അവരിൽ ഒരാൾ കഴവാലയത്തിന്റെ മുകളിൽ കയറും ബാക്കി അറുപതിനായിരം പേര് മക്ക മുതൽ ജിദ് വരെ നിരന്ന് നിൽക്കും അത്രേ ജിദ്ധ കടലെടുക്കുന്നത് മക്കയുടെ കിഴപാലയത്തിന്റെ വരെ അറുപതിനായിരം പേര് നിരന്നു നിൽക്കും ഒരാൾ കഴബാലയത്തിന്റെ മുകളിലോട്ട് കയറി അമ്മാധുവിന്റെ വിശുദ്ധമായ കഴബാലയത്തിന്റെ ആദ്യത്തെ ഇട്ടുകിഴങ്ങ് ഇളക്കിയിട്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കയ്യിലോട്ട് കൊടുക്കും അയാൾ അടുത്തവന്റെ കയ്യിൽ കൊടുക്കും അങ്ങനെ കഴവാളയത്തിന്റെ ഓരോ ഇളക്കി ഇളക്കി കൈമാറി കൈമാറി ജിദ്ദിടുത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ലോകത്തിന്റെ തിരുതൂതലേ നബി മൊഹമ്മദ് മുസ്തഫ റസൂൽ അവസാനിപ്പിച്ചില്ല പതിനാല് നൂറ്റാണ്ടുമുന്ന മുത്തായ കഴിവാറയം പറഞ്ഞപ്പോ അള്ളാൻ റസൂല് പറഞ്ഞ് കഴിവാറയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഇബ്രാഹി നബി തന്റെ മകന്റെ കൈകൾ കൊണ്ടുവെച്ച കൽവാറയത്തിന്റെ ഇളക്കുന്നവൻ അവൻ പൊക്കം കുറഞ്ഞ ഒരു പുള്ളനായിരിക്കും അവന്റെ കാലിന്റെ കുതി മുമ്പോട്ടായിരിക്കും അവന്റെ കാലിന്റെ വിരലുകൾ പുറകോട്ടായിരിക്കും അള്ളാണ്ട് റസൂന് പറഞ്ഞ് കാലിന്റെ കുതി മുമ്പോട്ട് പൊലുക്കുന്ന കാൽപ്പാറം തിരിഞ്ഞു നിൽക്കുന്ന കറുകരത്തകൾ കറുകരുത്തക്കുള്ളനായ പൊക്കം പറഞ്ഞ മനുഷ്യനാണ് കർപാലയം പൊലിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നടി മുസ്തഫ ീടെ കൈകൾ കൊണ്ട് പണുയർത്തപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴുബാളെ പൊളിച്ചാൽ പിന്നെ ലോകത്തിന്റെ നിലനിൽപ്പില്ല ഇവിടെ ഞാൻ വിശുദ്ധ ഖുറാന്റെ കൂടി കേൾപ്പിക്കട്ടെയോ അള്ളാഹു സുഗ്രയത്തെ ഖുറാനുകൾ പരിചയപ്പെടുത്തിയത് എങ്ങനെയാഹു കഴിവത്തൽ ഹമാ കഴുപാളയത്തെ ഈ ലോകത്തിന്റെ നിലനിൽപ്പാക്കിയിരിക്കുകയാ കഴുങ്കിൽ പിന്നെ ലോകമെന്തി വലിയ പ്രവർത്തനത്തിന് നിലനിൽത്ത് കഴുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയ ആ സമുദ്രമാണെങ്കിൽ അല്ലവണ കഴിബാലയം പൊളിക്കപ്പെട്ട് പിന്നെ ലോകത്താർക്ക് നിസ്കാരമില്ല നോമ്പില്ല സൽക്രമമില്ല കഴിവയില്ലാതെ നിസ്കാരമെവിടെ കഴിവയില്ലാതെ നിസ്കാരമ ഒരു മനുഷ്യർക്കും വീട് നിസ്കാരമില്ല കഴിവയില്ലെങ്കിൽ പിന്നെ എവിടേക്ക് തിരിയാ സഹോദരങ്ങളെ ആ കറുത്ത ഞാൻ പലപ്പോഴും മർക്കാറുന്ന മക്ക എന്ന് പറഞ്ഞാലൊരു കറുപ്പിന്റെ സമ്മേളനമാണ് കറുത്ത കില്ല കറുത്ത കല്ല് കറുത്ത പെണ് ഈ മൂന്ന് കറുപ്പിന്റെ സമ്മേളനമാണത് ഒന്ന് കറുത്ത കില്ല തുണി കൈവാറ കറുത്ത അതിന്റെ തെറ്റുഭാഗത്തൊരു കറുത്ത കല്ല് ഹജറുള്ള സ്വര് പിന്നീട് ഒരു സഭയും മറുപയും ആ സഭയും മറുപയുമാണെങ്കിലോ കറുകറുത്ത ഹാജറയുടെ പ്രതീകം കറുകറുത്ത ഹാതറ എന്ന പെണ്ണോടി നടന്ന സഭാ മറുവാ കറകരത്ത കണ്ടുവക്കാതർ കറുകറു തുണി കൊണ്ട് മൂടിക്കെട്ടിയ ചൈവാലയം ഒരു കറുപ്പിന്റെ സമ്മേളനമാണത് ഒരാൾക്ക് കറുപ്പ് കണ്ടുകഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നോക്കാനിട്ടില്ല എളുപ്പ് കണ്ടാലാണ് വീണ്ടും വീണ്ടും നോക്കാനിട്ടും കറുത്തത് കണ്ടാൽ പിന്നെ നോക്കാതോന്നുമോ പക്ഷേ സഹോദരങ്ങളെ വിതായി തവാബ് ചെയ്യുമ്പോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ പോകുമ്പോ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിപ്പോയി കറുത്ത പെണ്ണെ കറുത്ത കറു കടന്ന് കറുത്ത തുണികൊണ്ട് കൊച്ചുകുട്ടിയെ പോലെ തിരിഞ്ഞു നോക്കി ഉമ്മയുടെ മാറിടത്ത് നിന്ന് വിട്ടുപോകുന്ന കൊച്ചുകുഞ്ഞിനെ പോലെ മക്കയോട് പറയുമ്പോ മടീനയിലോട്ട് നടന്നു പോകുമ്പോ കറുത്ത കഴിവേ നീ ഇങ്ങനെ ആകർഷിക്കുന്നവോ ആ കറുത്ത തുണിയിട്ട് മൂടിയ കഴിവിക്കപ്പെട്ടാൽ ലോകത്തിന് നിലനിൽപ്പില്ല ആളുകൾക്ക് നിൽക്കാൻ ഇങ്ങനെ നിസ്കാരമില്ലാതെ മൂന്ന് നാല് ദിവസം കഴിഞ്ഞു പോകും അങ്ങനെ ഒരു വ്യാഴാഴ്ച ദിവസം എത്തി ദിവസം രാത്രി എല്ലാവരും കിടന്നുറങ്ങുകയാണ് ഒരു വ്യാഴാഴ്ച രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു വെള്ളിയാഴ്ച രാവിലെ ലോക ജനസമൂഹം മുഴുവനോ ഉറക്കത്തിൽ ഒരു സൈറ്റം കേൾക്കുകയാണ് എവിടെ നിന്നതോ തൈരട്ടമുഴക്കം പോലെ എവിടെ നിന്നോ രടി മുഴക്കം പോലെ ഒരു വെള്ളിയാഴ്ച പ്രവാടമായ ടക്കുന്നവര് കേൾക്കുന്നത് അകല നിന്നെവിടെയോ പാതിലെ കടിച്ചടിച്ചു വരുന്ന ഒരു മണിനാഥന് എന്താണെന്ന് നോക്കാൻ ആളുകളെ തല ഉയർത്തുമ്പോ ആ ശബ്ദമേതെന്നറിയുമോ ആ ശബ്ദമേതെന്നറിയോധിച്ചു വിശ്വമാധ്യമനു എല്ലാ മനുഷ്യ ീട് സൂറന്ന കാകളത്തിലൂടുന്ന ശബ്ദം വെള്ളിയാടിച്ചോ സഹോദരങ്ങളോപ്പാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് വ്യാഴാഴ്ച കഥമുറങ്ങി വെള്ളിയാഴ്ച നേരുന്നേൽക്കലില്ല എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നു ആളുകൾ അത്ഭുതത്തോടെ നോക്കുമ്പോ ഇസുറാവീണ് സൂറന്ന കാകലത്തിലൂതുമോ ഇതാ കേൾക്കുന്നത് എന്തെന്നറിയുമോ ഇത واذا الجبال سيرا واذا العسار اتلك واذا المهوس هسرة واذا المفوف زيدا واذا المرغي ൊട്ടിപ്പിളരുന്നു നക്ഷത്രങ്ങൾ ഉതിർന്ന് താടോട്ട് വീടുന്നു ഈ പർവ്വതങ്ങൾ മുഴുവനും പഞ്ഞിക്കെട്ടുകൾ പോലെ പറന്ന് നടക്കുന്നു മനുഷ്യൻ കാണുന്നത് എന്താ പോലെ ആകാശമതാ പൊട്ടിപ്പിളരുകയാണ് ആകാശം നക്ഷത്രങ്ങൾ മുഴുവനും മൂവാണ്ടൽ മാങ്ങ താഴോട്ട് വീടുന്നത് പോലെ ഉതിർന്ന് വീടുന്നു പിന്നീട് സൂര്യനില്ല ചന്ദ്രനില്ല ഉൽക്കകളില്ലില്ല ഗ്യാലക്സിയില്ല ലോകം മുഴുവനും ഇച്ചിലെ കിടക്കുമ്പോ ലോകം മുഴുവനും ഇട്ടു മൂടുമ്പോ ആ സമയത്ത് ഭൂമിയുടെ അവസ്ഥ എന്താ ഇതാ ദുൽബുലത്തിൽ അറുള്ളു ദുൽസാനുള്ളറുള്ളു മാറ ിട്ടാ അവ കാണ്ടുടങ്ങി ഭൂമി കിട്ടിക്കിട്ടാ അവ കാണുടങ്ങി ഭൂമി ഒരു സംഹാര താണ്ഡവമാടുകയാണ് ഭൂമി പല കഷ്ണങ്ങളായി പൊട്ടി പിളരനായിരുന്നു അക്കാള ൂമിയതിന്റെ ഉള്ളിൽ കിടന്ന സർവ്വതിനേയും വെളിയിലോട്ട് തള്ളുകയാ മതശ്രീങ്ങൾ പറയുന്ന അതേവരെ ഭൂമിയിൽ കുടിക്കിട്ട സർവ്വ മയ്യത്തുകളും വരും മനുഷ്യന്റെ കാലിന്റെ ചുവച്ചിലൂടെ മതശരീരങ്ങൾ ഉയർന്നിടക്കുന്നു ആകാശം പൊട്ടിപ്പിളരുന്നു താഴോട്ട് വീടുന്നു പ്രകൂലകളെ കെട്ടുപോകുന്നു വടവൃക്ഷങ്ങളും മുഴുവന് പിടികളിയപ്പെടുന്നു പാറക്കെട്ടുകൾ പരമ്പുണിക്കെട്ട് പോലെ പറന്ന് നടക്കുന്നു താൽക്കാലികൾ വടപച്ചങ്ങൾ പകർവിടുന്നു ഉയരുകളും സർവരും ചത്തൊടുങ്ങുന്നു ജീവകാലങ്ങളെ തങ്ങളുടെ മുമ്പിലൂടെ ചത്തൊടുങ്ങി നടക്കുമ്പോ പരിഭ്രാന്തിയോടെ മനുഷ്യൻ വിളിച്ച് ജോലിക്കുന്നു വക്കാലൽ ൂമി കൊണ്ടുവറ്റിപ്പോയി ഈ ഭൂമി കൊണ്ടുവറ്റുപോയി അറുപറങ്ങനെ പൊട്ടി തകരുന്നവല്ലോ വയസ്സാനൂന കാലിൽ ശിവല്ലിയുഹ് സഭയറുഹന സപ്തഭാവിനോ വരാ അന്താ പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമായി മാറുമ്പോ പൊറ്റി പിളർന്ന് തകർന്നു വീഴും അമ്പരം എന്നുള്ളതും കുറാതിലുണ്ട് അമ്പരം സർവ മനുഷ്യരും കത്ത് തുരി ഈ ഭൂലോകത്ത് പിന്നെ സൂര്യനില്ല താരാപതമില്ല നക്ഷത്രമില്ല ഉൽക്കയില്ല ഗ്യാലയില്ല മാമരങ്ങളില്ല മാമലകളില്ല മാമയിലുകളില്ല പർവ്വതം തകർന്ന് തെരിപ്പണമാകുമോ കുല്ലുമൻ അലൈവാസ Cow, <illaises of Darwin> <expressed untoSean> <Oliver> ി വല്ല സർവ്വതും തകർന്ന് ചരിപ്പണമാകും ജലാലി വല്ലിക്കറ മാന്യനും പ്രതാപവാനുമായ അള്ളാവും മാത്രം ബാക്കിയാണ് സർവ്വതും തകർന്നു പിന്നെ ഭൂമിയില്ല നക്ഷത്രവും ഒന്നുമില്ല അങ്ങനെ ലോകം മുഴുവനും ഇസ്രാഫീല് സൂറന്ന കാഹളത്തിലൂടും എന്താണ് ആ കാഹളം എന്താണ് ആ ഊതൽ ലോകാവസാനത്തിന് മുമ്പ് പ്രവാചകൻ പറഞ്ഞ കുറെ അടയാളങ്ങൾ അതിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയാണ് ഇതച്ചു കുവ്വിറത് ലോകാവസാനത്തിൽ സൂര്യനെ ചുരുട്ടപ്പെടുമെന്ന് ചുരുട്ടു ഈ ലോകാവസാനത്തിൽ ആരൊക്കെ മരിക്കൂ മനുഷ്യര് മരിക്കൂ മലക്കുകൾ മരിക്കൂ ജിബിലിരു മരിക്കൂ അസ്രൈൽ മരിക്കൂ ലോകാവസാനം നടക്കുമ്പോ എല്ലാവരെയും റൂഹ് പിടിക്കേണ്ട ജോലി അറിയാം അസ്ര അപ്പൊ അസ്രായിൽ മരിക്കൂ ഒത്തിരി ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ലോകം മുഴുവൻ അവസാനിക്കുമ്പോൾ എല്ലാവരുടെയും അസ്രായിൽ പിടിക്കണം അപ്പൊ അസ്രൈൽ മരിച്ചു മലക്കീർ മരിക്കൂ ജിബിനിയിൽ മരിക്കൂ മുൻകരനെക്കീർ മരിക്കൂ മുൻകരനെക്കീറ് മരിച്ചാൽ പിന്നെ ഇവരെ കബറടക്കുമ്പോ കബറിൽ ചോദ്യം വേണ്ടേ ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഇൻഷുള്ള ഉത്തരം നമുക്ക് നാളെ കാണാം അള്ളാഹു തോഫീക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇതിന്റെ ഉത്തരം നമുക്ക് നാളെ ലോകാവസാനത്തിൽ ഞാൻ ഈ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനും ജപ്പാനിന് ദുരന്തമുണ്ടായി ഭൂകമ്പം ലോകം മുഴുവനും പ്രപഞ്ചം നാലടി തള്ളി ജപ്പാൻ ഇരുന്നെടുത്ത് അച്ചടി നിങ്ങൾ നാട് വെച്ച് നോക്കി ഒരു നാടിന്റെ ചെറിയ ഒരു ഭാഗത്തുള്ള ഒരു കുരുക്കം കുലുക്കിപ്പോ ആ രാജ്യം മുഴുവനും ഇരുന്നെടുത്ത് നിന്ന് എട്ടടി തെന്നി മാറി ഇതെന്റെ കണക്കല്ലേ ഏറ്റവും വലിയ കണക്കാണിത് ഭൂമി തെന്നി മാറി നമ്മളിപ്പോ ഇവിടെ ഒരു കുരുക്കം ഉണ്ടായപ്പോ മുകളെ എട്ടടി മാറിയിട്ട് മറ്റേ മാമൂട് പള്ളിയുടെ അടുത്തു ഇത് ഏറ്റവും പുതിയ കണക്കാണ് ഒരു ഭൂകമ്പം ഉണ്ടായപ്പോ ഒരു രാജ്യം എട്ടടി മാറി ഭൂഗോളം ഒന്നടഞ്ഞ നാലടി തന്നെ മാറി ഖുർആാൻ എന്ത് പറയുന്നു സുഹൃത്തല്ല അങ്ങനെ മാറൂ മാറിക്കൊണ്ടിരിക്കൂ ലോകാവസാനം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രഭാഷകന്റെ വാചകക്കത്ത് മാത്രമാണോ അതല്ല ഭൂമിയിൽ തെളിയിക്കപ്പെട്ട ഒന്നാണ് ശാസ്ത്രലോകം മുഴുവനും തെളിയിക്കപ്പെട്ട മുഴുവൻ ദൃഷ്ടാന്തങ്ങളും നമ്മുടെ മുമ്പിൽ ഇൻഷാള്ള നാളെ വരെയും ഞാൻ കാണിച്ചു ഇതെന്റെ ആത്മവിശ്വാസമാണ് പക്ഷെ അള്ളാഹുവിന്റെ ഖുർആാൻ കയ്യിലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ യശസ് എൽ ചെയ്യ ഇൻഷ്ല നാളെ നമുക്കിതൊക്കെ പറഞ്ഞ് പരലോകത്തിന്റെ കുറെ അവസ്ഥയും കൂടെ പറഞ്ഞ് ഇൻഷാല് നമുക്ക് നാളെ രാഹത്തായിട്ട് തരിക എന്നാലേ കിയാമത്ത് നാളെ അവസാനം ഇപ്പൊ ഞാൻ കിയാമത്ത് നാള് നടക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് മഹുതി വരിക യോജു മഹുദി വരിക ഹദീസിലെ നിബിധങ്ങൾ പറഞ്ഞത് മാത്രമാണ് ആ പറഞ്ഞതിനെ നമ്മുടെ കാലഘട്ടവുമായിട്ട് നിബന്ധിപ്പിക്കണം എന്നിട്ട് ലോകത്തുള്ള മുഴുവൻ ആളുകളും തലപുലിക്ക് സമ്മതിക്കും പതിനാല് നൂറ്റാണ്ടു മുമ്പ് ആമിനയുടെ മുത്തുമോദിപ്പറഞ്ഞത് തന്നെയാണ് സത്യം ഖുർആാനിലെ ചിതറിക്കിടക്കുന്ന നൂറുകണക്കിനായത്തുകൾ ലോകാവസാനത്തിന് മുമ്പ് അള്ളാന്റെ റസൂൽ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനും ശരിവെക്കുന്നു ഇൻഷാല്ലാ ഇതിന്റെ പൂർത്തീകരണം നാളെ അള്ളാഹു തൗസിക്കു നൽകി അനുഗ്രഹിക്കുവാ ഇതിപ്പോ ഞാൻ എന്റെ അറിവിന്റെ പരിമിതിയുടെ ഉള്ളിൽ നിന്ന് ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും തലകുലിക്കുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് അഗാധമായി പഠിച്ച ആളുകൾ അത്രയോ ആളുകൾ അവരുടെ മുഖതാവിൽ നിന്ന് ഇത് കഴിഞ്ഞാലോ ഒരു ചെറിയ വിഷയമൊന്നുമല്ല ഇനി നമ്മൾ അഭിമുഖീകരിക്കാൻ പറ്റുന്ന ലോകത്തിന്റെ മുന്നിൽ ആർജവത്തോടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ സഹോദരങ്ങളെ പറഞ്ഞുകൊടുക്കണം ലോകാവസാനം എന്നൊരു ചർച്ച വന്നാൽ നിങ്ങൾ കാണാറല്ലേ പോകുന്ന വഴിക്കൊക്കെ പോസ്റ്റർ കാണാം പിതാ യേശു വരുന്നു യോഗാവസാനത്തിന് മുന്നോടിയായിട്ടാണ് യേശു വരുന്നു വീസാനക വരുന്നു എന്ന് ചുമരഴുതുന്നത് യേശുവരുന്നു ഇതാ സ്വരകരാജ്യം സമാഗതമായി യേശുവെ കടന്നുവരിക ഇതാ സ്വർഗരാജ്യം കടന്നു വരാറായി സുവിശേഷത്തിൽ വിശ്വസിക്കുക യേശു വരാറായി എന്നും പറഞ്ഞ് ലോകത്ത് മുഴുവനും ക്രൈസ്തവ സഹോദരങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടത്തുവാൻ ഇവിടെ ഈസാ നബി എവിടെ ഇറങ്ങുമെന്നും എങ്ങനെ ഇറങ്ങുമെന്നും ലോകം എങ്ങനെ അവസാനിക്കുമെന്നും ലോകത്തോട് ഒരു കണിഷ്ഠതയുടെ പോലും ഒരൽപം സംശയം പോലും പറയാ നിവർത്തിവെക്കാതെ ബാക്കിവെക്കാതെ പറഞ്ഞു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് വിശുദ്ധമായ ഖുർആാനിൽ ഒരായത്തുണ്ട് അള്ളാഹു പറഞ്ഞു യൗമൻ എത്തിരി സമാക്കെ തയ്യ സിജില്ലലിൽ കുത്തുമ്പ് നാളെ വിശാല ഞാൻ പറയാ അള്ള പറഞ്ഞു ഈ പുസ്തകം മടക്കി വെച്ചിരിക്കുന്ന പോലെ ആകാശത്തെ മടക്കി ഞാൻ പിടിക്കൂന്ന് വിശുദ്ധ കുറവ് കോളേജിൽ പോകുന്ന കുട്ടികളെ പുസ്തകം മടക്കി പിടിക്കൂലെ കയ്യിൽ ഒരു പുസ്തകം നമ്മുടെ കയ്യില് കിട്ടി അത് മടക്കി നമ്മള് കൈ പിന്നെ അള്ള പറയാ യൗമൻ എത്തിരി സമാ ഈ ആകാശത്തെ ഞാൻ ചുരുട്ടിക്കെട്ടു തയ്യൽ സിജില്ലിലിൽ കുത്തുമ്പ് പുസ്തകം ചുരുട്ടി പിടിച്ചിരിക്കേണ്ടതുപോലെ എങ്ങനെയാണ് ആകാശത്തെ ചുരുട്ടുക ഈ ആകാശത്തെ ചുരുട്ടാൻ പറ്റുമോ പള്ളിയിലെ പായ പോലും ചുരുട്ടണമായിരിക്കും പക്ഷെ ഉള്ള നാളെ വരെയും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് സംസാരിക്കാം ബാക്കി ഞാനീ പറഞ്ഞ പോലെ മലക്കുകൾ എങ്ങനെയാണ് ലോകാവസാനത്തിൽ ശരി അള്ളാഹു തോസിക്കുന്ന ലത്തെ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ربنا لا نعم بالثناء وان لم تغفلنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا من لدنك رحمت وحي لنا من نمبنا رشدا رحم الرحيم آي الله كذي فرمضي آلوايتم براني نغرق باپا للا نفروت مافاقنه دم براني باو جيب لنبابره دم آقنه الله فايشا ديك دربو دن تنم نغل الله وريني قاتل چکنه دم براني അല്ലാതിവേ മരണപ്പെട്ടുപോലെ കപരടം വിശാലമാക്കണയല്ല പഠിച്ചവനെ രോഗബാധിതരായി കഴിയുന്നവരുടെ രോഗങ്ങൾ നീ ശിതയാക്കണേ ദമ്പുരാനെ അല്ലാതിവേ ഞങ്ങളെല്ലാവരെയും മരിക്കുന്നത് ഇവരെ രോഗത്തിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറത്തു കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹാത്തുകളാക്കണേല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ സാലിഹീങ്ങളാക്കണേ ദമ്പുരാനെ അള്ളാഹുബേ ഞങ്ങളുടെ സഹോദരങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് വിദേശ രാഷ്ട്രങ്ങളിൽ പലയിടത്തും കലാപ കലുഷിത സാഹചര്യങ്ങളാണ് അള്ളാഹിവേ ടെ സഹോദരങ്ങൾ നീ കാത്തോളെ തുമ്പുരാനെ അവരുടെ കുടുംബത്തിലും നീ പറത്ത് നൽകണേ തുമ്പുരാനെ അപകട മരണങ്ങളിൽ നിന്ന് നിങ്ങളെ കാക്കണേയല്ല പഠിച്ചവനെ നിന്റെ വിശുദ്ധമായ ഖുർആാന്റെ കലാമ കേന്ദ്ര ഓടിയെത്തിയ സഹോദരങ്ങൾ മണിക്കൂറുകളോളം ഈ സദസ്സുകരലോ അവസരമില്ലാതെ ഒരു തളർച്ചയില്ലാതെ റബ്ബെ കൗതുകത്തോടെ ആഗ്രഹത്തോടെ കേട്ടിരുന്ന ഈ പാവങ്ങൾ അള്ളാഹുവേ നീ കാണുന്നില്ല സമ്പുരാനെ രാവിലെ മുതൽ അധ്വാനിച്ചിട്ട് കിടന്നുറങ്ങേണ്ട സമയം അള്ളാഹുബേ അകലനിന്ന് പോലും ഇവിടെ എത്തിയവരുണ്ട് താല്പര്യത്തോടെ വന്നിരുന്നവരുണ്ട് അള്ളാഹു നിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തലെയാണ് പടച്ചവനെ അവരുടെ നിത്യജീവിതത്തിന്റെ നിതാന്ത വേദനകൾ പേറുന്ന ഈ പാവങ്ങളുടെ ദുഃഖങ്ങൾ റിയുന്നുണ്ടല്ലോറബ പടച്ചവനെ നെഞ്ചിന്റെ നീട്ടല് നിനക്കറിയാം തമ്പുരാനെ ആരോടും പറയാട ഹൃദയത്തിന്റെ ചെപ്പിനുള്ളിൽ സൂക്ഷിക്കുന്ന രഹസ്യടുക്കങ്ങൾ പോലും അറിയുന്നവനെ തമ്പുരാനെ അല്ലാഹേ നിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഈ ഭിക്ഷുക്കള് നീ കാണുന്നില്ലേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ കാണുന്നില്ലതും പുരാനെ ഞങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരു അറുതിയില്ലേതും പുരാനെ അല്ലാഹുവേ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് വറ്റുന്നതും പുരാനെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല പതച്ചവനെ സന്തോഷം നൽകണേതും പുരാനെ ഈ കൂട്ടത്തിൽ വൃദ്ധന്മാരുണ്ട് ആരോഗ്യത്തോടുകൂടി പടച്ചവനെ യുവാക്കൾക്ക് ഇസ്ലാമിക തവ നൽകണേ ഇസ്ലാമിസ്റ്റുകളാക്കണേത്തിന്റെ നട്ടല്ലുകളാക്കണേ ഞങ്ങളുടെ വഴുതി വീഴ്ക്കല്ലേ അല്ല വഴുതി വീഴ്ക്കല്ലേ അല്ല ഇതേപോലെ നിന്റെ ഖുറാൻ കേൾക്കാൻ ആകാംക്ഷയോടെ തലമുറയാക്കി നിലനിർത്തണേ ദമ്പുരാനെ അല്ലാഗ് കച്ചവടക്കാരുണ്ട് കച്ചവട െ ഞങ്ങൾ ആട്ടു മോട്ട് വളർത്തുന്ന ഞങ്ങളുടെ പൊന്നുമക്കൾ ആ മക്കളെ നീ ഒരു നല്ല തീരത്തെത്തിക്കണേ അല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ഞങ്ങൾക്ക് കൺകുളിർമേകുന്നതാക്കണേദം ഞങ്ങളുടെ പൊന്നുമക്കൾ െ ഏതൊക്കെ വിഷമങ്ങൾ മനസ്സിന് നിറഞ്ഞാലും വീടിന്റെ ഉമ്മറപ്പടിയിൽ ഞങ്ങളെ ഈ കാത്തു പുഞ്ചിരിയോടെ ഇൽക്കുന്ന പൊന്നുമക്കളുടെ പുഞ്ചിരി എല്ലാ ദുഃഖങ്ങളും മലിഞ്ഞില്ലാതായി പോകും റമ്പുരാനെ പടച്ചവനെ ഉപ്പാന്ന് വിളിച്ചോടി വന്ന് മടിത്തിട്ട് ഇരട്ടി കവിളത്തിൽ ചുമനം നൽകുമ്പോ അള്ളാഹുവേ ഹൃദയത്തിന്റെ തണുപ്പ് അത് പറയാൻ പറ്റാത്ത തണുപ്പാണ് തൊമ്പുരാനെ നീ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ പൊന്നുമക്കളാണ് റബ്ബേ അള്ളാഹിവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു നല്ല ഭാവി കൊടുക്കണേ തുമ്പുരാനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്നൊരവസ്ഥ വരുത്തല്ല റബ്ബേ രോഗം കൊണ്ടോ ബുദ്ധിമുട്ടിക്കല്ലേ തുമ്പുരാനെ നിരന്തരം കേൾക്കുന്ന വാർത്തകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീക്കണലായി പൊരിയുന്ന കമ്പുരാനെ ചുംബത്ത് ചുംബത്ത് ചുംബനം നിന്ന് സ്കൂൾ ഭാഗം പോകുന്ന മക്കളാണ് തണുത്തുറഞ്ഞ ശരീരങ്ങളായി വീടിന്റെ ഉമ്മറപ്പടിയിലോട്ട് കടന്നു വരുന്നത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന നിസ്സഹായരായ ഉമ്മമാർ അല്ലാതെ തിരുവനന്തപുരത്ത് പാർവതി പുത്തനാറില് ദുരന്തം കിടന്നപ്പോ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ പൊന്നുമോനാണ് വെള്ളത്തിലേക്ക് മുങ്ങിട്ടാണ് പോയത് അല്ലാഹിവേ ഞങ്ങളുടെ പൊന്നുമക്കള നീ കാത്തോളനല്ല ഞങ്ങളുടെ പൊന്നുമക്കളനീ കാത്തോളനയല്ല പടച്ചവനെ ഞങ്ങൾ സ്നേഹിക്കുന്നവരനീ ജീവിതത്തിൽ വിട്ടു പിരിപ്പിക്കല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ടു കൊതിതീർന്നിട്ടില്ല അള്ളാഹുവേ ഞങ്ങളെ വളർത്തി വലുതാക്കി കറ്റപ്പെടുത്ത് മുണ്ടു മുറുക്കിയെടുത്ത് കഷപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ പൊന്നുമ്മമാർ അള്ളാഹുവെ അവരോടൊത്ത് ജീവിതം പങ്കിട്ട് കൊതിതീർന്നിട്ടില്ല തമ്പുരാനെ നീയല്ലാഹേ തിരിച്ചു വിളിച്ച് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ പൊന്നമ്മമാര് ഒന്ന് കാണാനെങ്കിൽ ഞങ്ങളുടെ മുമ്പില് നീട്ടേക്കണേ തുമ്പുരാനെ ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസു നൽകണേയല്ലാഹേ പടച്ചവനെയല്ലാഹേ പടച്ചവനെ ഞങ്ങളോട് ആ കൊണ്ട് വസിയത്ത് ചെയ്ത വർവരെ ഹാസിലാക്കണേ അല്ല ഹാസിലാക്കണേതമ്പുരാന് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ല പടച്ചവനെ ഒരു മാരക രോഗവും വരുത്തല്ലറബേ പണ്ടു രോഗങ്ങൾക്ക് ലക്ഷണങ്ങളുണ്ട് അള്ളാഹി ഇപ്പോൾ ലക്ഷണമില്ലാത്ത രോഗമാണ് പടർന്നു പങ്കലിക്കുന്നത് ഒരു ക്യാൻസറിന്റെ രോഗമാണ് രോഗി അറിയാതെ പതിനഞ്ച് വർഷം മുമ്പേ അവന്റെ ശരീരത്തിൽ കയറുമെന്നാണ് അല്ലാഹേ ഈ ശരീരത്തിലേതൊക്കെ രോഗാണുക്കൽ കൂടുകെട്ടി പാർക്കുന്നെന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ അറിയുന്നവൻ നീ മാത്രമാണല്ലാകെ ഈ പതിഞ്ഞ സ്വരത്തിന് കണ്ണ് നിന്നോട് പറയുന്ന ആമീൻ നീ കേൾക്കുന്നല്ലോ അല്ലാഹേ നീ കേൾക്കുന്നല്ലോ അല്ലാഹേ കരിപ്പാറക്കെട്ടിലൂടെ പറ കട്ടുറുമ്പിന്റെ ശബ്ദം പോലും നിനക്കറിയാത്തമ്പുരാനെ അള്ളാഹുവെ അടക്കിപ്പിടിച്ച ഹൃദയത്തിന്റെ വിങ്കലുകളുള്ള ഈയാമി നീ കേൾക്കുന്നുണ്ടല്ലോ അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളെ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളെ തളർത്തല്ല അല്ല ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ല അല്ല കരയാൻ ഞങ്ങൾക്ക് കണ്ണിനീരു ബാക്കിയില്ലതും പുരാനെ അള്ളാഹുവേ ഞങ്ങളെ നീ പൂർണ്ണമായി സ്വീകരിക്കണയല്ല മരിക്കുന്നത് വരെ അഞ്ചു വക്കുത്ത് നിസ്കാരം കലാ കാട അനജ്ഞിപ്പിക്കണേ നിർവഹിക്കുന്ന സുന്നത്ത് കർമ്മങ്ങൾ നിർവല്ലാഹിലെ നിർബന്ധ ബുദ്ധിയോടെ ാതിരാവിലെ നേട്ട് നിന്റെ മുമ്പിൽ തഹജ്ജതിന് വേണ്ടി ശിരസർപ്പിക്കാൻ അതിന് നീ മടിയൊന്നും നൽകല്ലേ തുമ്പുരാനെ നിലനിർത്തി തരണേ തുമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളുടെ ദുഹകള് നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ തൊമ്പുരാനെ അള്ളാഹുവേ വിനീതനോട് ആരൊക്കെ ദുആാവൊന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടോ കിബീർ എവിടെ പോയാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ എത്ര എത്രയോ ആളുകളിൽ ഏതൊക്കെ നാടുകളില്ലേ ഏതൊക്കെ വീടുകളിൽ ിൽ അല്ലാഹുവേ അവരെ നിനക്കറിയാം തുമ്പുരാനെ പടച്ചവനെ മഹല്ലുകളിൽ സേവനമനുഷ്ഠിക്കുമ്പോ ഭക്ഷണം നൽകിയവർ സഹായിച്ചവർ സേകരിച്ചവർ വിളിച്ച് സ്നേഹത്തോടെ എപ്പോഴും കുശലാദേശനം നടത്തി എന്തിനു വിളിച്ചാലും ഓടിയെത്തുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ കുഞ്ഞുമക്കൾ അല്ലാഹുവേ നീ അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തുമ്പുരാനെ ഞങ്ങളുടെ ദ്വാകള നീ സ്വീകരിക്കണേ അല്ല ലക്ഷോപല ക്ഷങ്ങളെ പക്ഷമില്ലാതെ രക്ഷിക്കുന്ന ശിക്ഷിക്കുന്ന രക്ഷിതാവേ നിന്റെ കരുണാകടാക്ഷത്തിന്റെ അക്ഷയത്തനിയിൽ നിന്ന് വർഷിക്കുമ്പോ ഈ ഭിക്ഷുക്കൾക്കും നീ നൽകി അനുഗ്രഹിക്കണേ കമ്പുരാനെ അല്ലാഹുവേ നിങ്ങളുടെ ദ്വാകള് നീ സ്വീകരിക്കണേല്ല നാളെ ഈ സദസ്സിന്റെ സമാപനത്തിലല്ലാഹേ നിന്റെ സൂര്യതിരെ ഹലറത്തിലേക്ക് ചലാത്തു ചൊല്ലി ഇതേപോലെ പാതിരാസമയത്ത് ദൈക്ക് വേണ്ടി കണ്ണുനീരിൽ കുതിർന്ന് കൈയുയർത്തുമ്പോ നാളെ ഈ സദസ്സിന് ഞങ്ങളെ ഇതേ മിപ്പിക്കണേ തുമ്പുരാനെ ഒരാളെപ്പോലും നീ മാറ്റി നിർത്തല്ല അല്ലാഹുവേ ഞങ്ങളത് ആകളെ നീ സ്വീകരിക്കണേ അലാമത് വരക്കാത്ത <Sessimus>